വിവാഹപ്രതീക്ഷയില്ലാത്ത വൃദ്ധരായ സ്ത്രീകൾ അലങ്കാരങ്ങൾ പ്രദർശിപ്പിക്കാതെ തങ്ങളുടെ പുറം വസ്ത്രങ്ങൾ മാറ്റിവയ്ക്കുന്നതിൽ അവർക്ക് കുറ്റമില്ല എങ്കിലും അവർ വിനയത്തോടെയിരിക്കുന്നതാണ് അവർക്ക് കൂടുതൽ ഉത്തമം അള്ളാഹുസുബാനഹുവാല എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്